ശാന്പാവനമ ചിന്യൈഭവം വപുഷി കുഞ്ചരം മുഖേ മന്മഹേ തുന്തിലം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസ്സാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിന് വ്യോമവ്യാപ്തേഹിമൂർത്തന്നിമദ്യം നി കരചരണം നാമഗോത്രം നൂത്രം നോജാതിർന്ന വർത്തി പുരുഷോ നീക്കം ഹിജനിമരണം നംപം തം നോ തഹജ സമരസം സദ്ഗുരു തം നമ സദാശിവസമാരംഭാ ശങ്കാചാര്യമധ്യമാം അസ്മദാചാര്യപര്യ വന്ദേ ഗുരുപരംപരാം മൗനവ്യകട്രഹ്മത്തം യുവാൻ വർഷിട്ടാൻത്തെവസിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകളിതചന്മുദ്രമാനന്ദമൂർത്തി मुदितवदनं സ്വാത്മാരാമം ഉദിത വക്ഷിമൂർത്തിമീഡേ വേദന്ഭാസകാതയേ ശാത്തവാദിഗേന്ദ്രസംഗീന്ദ്രവ്യ മോഹധ്വാന്തവാകരാ ഭഗവത്പാദിതം ബിഭ്രേ नमोस्तु अपार തസ്മൈ ഭാഷ്യമോസ്തു സൂർണയ ബോധാത്മനി അപാരസിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ് ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്വിഹീനം ഹൃദ ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹംബുദ്ധി ത ഹം തുക്തിസമയേ സിദ്ധാത്മസദ്ഭാവ കോഹം ഭാവയു കു വരധിയ ദൃഷ്ട്വാത്മന സോഹം സ്ഫൂർത്തിതയാ അരുണാ ചലശിവർ വിഭാതി സ്വയം കരുണാൂർണസുധേ കബളിതഘനവിശ്വ किरण वल्या अरुणाचल पर चिंतसुविचल भूत स्थित प्रलीन में चिंत्र हृद्यहमत्मतया नृत्यशो वदी हृदय नाम അഹമിത് കൂത ആയാതീയന്വിഷ്യന്ത പ്രവിഷ്ടയാമലധ്യം അവഗമ്യസ്വം ൂപം ശാമ്യരുണാചലി നദീവാബൌ തഷയം ബാഹ്യം രുദ്ധപ്രാണന രുദ്ധമനസം ധ്യയൻ പശ്യത്തി അരുണാചലവി മഹീയം തേ तय्यर्तमनसम पशिन्कृतया सतत भजते अन प्रीतिया सजय्तरुणाचल सुखे मग्नहृदयुहर मध्ये यह महमिति साक्षात् आत्मेण भाति ഹൃതിവിഷമനസാ സ്വ ചിൻവതൃത പവന ചലനോധാത്മനിഷ്ടോം യം ജഗത്സർം യ പ്രലീയതേം ധാരയത്തെ ചൈ തസ്മൈ ജ്ഞാത്മനേനഹം प्रज्ञानं सुप्रद स्क्रिभव्याप्यलोका भुक्त भोगास्त पुनरोद भासीताम पीता सर्वान् विशेषा स्वित मधुरभुंगयया भोजयनह मायासंख्या परम अमृतम अजं ब्रह्मयत्न्न तो അരുണാചല ശിരോദ്ഭൂതസംപ്രദായ പ്രവർത്തകം കരുണാർണവമീടെമണാഖ്യമഹം മഹം അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെരേ വീണു വണങ്ങിയോതിടേണം അതു മിതുമല്ല അസതർത്ഥമല്ല അഹം സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതി പ്രതിപത്തിയറ്റ് സോമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം സത്സംഗം വളരെ വളരെ മൃദുവായിട്ടുള്ളൊരു വിഷയാണ് മൃദു എന്നുവെച്ചാൽ അഭിമാനത്തിൻ്റെ ചെറിയ ചലനം പോലും സത്സംഗത്തെ ദുസ്സംഗാക്കി മാറ്റും അതുകൊണ്ട് തന്നെ സത്സംഗത്തിന് ഒരു വേദി ഒരുക്കുക എന്ന് പറയുന്നത് ഭക്താവ് പൃച്ഛകൻ ശ്രോതാവ് എന്ന് പറയും ഈ പൃച്ഛകൻ്റെ എന്നുവെച്ചാൽ നടത്തിപ്പുകാരുടെ ഭാവനയിലുള്ള സത്വഗുണം വളരെ പ്രധാനമാണ് അതേപോലെ തന്നെ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആളുകൾക്കും എല്ലാം സത്സംഗം എന്ന് പറഞ്ഞാൽ ക്ലാസ് അല്ല അതുകൊണ്ട് ആദ്യം തന്നെ ഈ പഠന ക്ലാസ് എന്നുള്ളത് ഞാൻ ഞങ്ങളുടെ മാറ്റിവെക്കുകയാണ് ആ പദം വൈഷായികമായ ഒബ്ജക്റ്റീവ് സയൻസ് ഒബ്ജക്റ്റീവായിട്ടുള്ള വിഷയങ്ങളാണ് ക്ലാസ്സിലൂടെ പഠിക്കേണ്ടത് പഠിക്കുക എന്നുള്ളത് ബുദ്ധിയുടെയും ഓർമ്മയുടെയും ഒക്കെ തലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ് സത്സംഗം എന്ന് പറയുന്നത് വിവേകപ്രധാനാണ് യാഗം ചെയ്യുമ്പോൾ അഗ്നി കടഞ്ഞെടുക്കണത് അരണിക്കോലുകളിലൂടെയാണ് പൂർവാരണി ഉത്താർ ഉത്തരാരണി എന്ന് പറഞ്ഞ് മുകളിലൊരു അരണിക്കോല് വെച്ച് ചുവട്ടിലൊരു അരണിക്കോല് വെച്ച് രണ്ടരണിക്കോലുകളും കൂടെ കൂട്ടി ഒരശുമ്പോൾ अल व अग्नि अरणिकोल के यागाग्न जोल्द भागवत वरिद्ध उदाहरण इत गुरुदेवन आत्मोपदेशतक अतीव गंभी और ऋषिकु मत अगाधतोड़ आत्मोपदेशत इन पर भागवत आचार्यो अरणिराद्य स अंतवास्ुत्तर आत्म प्रवचन विद्यासंधि सुखाव श्लोक नारायणीय भटदिरी अग्रह आचार्याख्य अधरणि आचार्याख्य अधरस्थारिम तनु कृत कर्मासना तनुतभुवन कारपूरे अल शरी ഭാവേന വിദ്യാശിഖിനിച്ച വിരത്തെ ത്വന്മ ഈ കല്ലുവസ്ഥ എന്നാണ് നാരായണീ ഗുരുദേവൻ ആത്മോപദേശതകത്തിലെ സത്സംഗം എന്താണെന്ന് പറഞ്ഞു ഈ തീർച്ചയായും അങ്ങോട്ട് ഈ ശ്ലോകം ഇങ്ങടെ ഓർമ്മ വന്നു എൺപത്തിരണ്ടാമത്തെ ശ്ലോകത്തിലെ അരണികടഞ്ഞഴും അഗ്നി പോലെ ആരായവരിൽ ഇരുന്നതിരറ്റെഴും വിവേകം പരമ ചിദംബരമാർന്ന ഭാനുമാ ഭായി നിന്നെരിയും അതിനിരയായിടുന്നു സർവം അരണികടഞ്ഞെഴും അഗ്നി പോലെ ഈ അരണികടഞ്ഞെഴുന്നേൽക്കുന്ന ഉദിക്കുന്ന അഗ്നി പോലെ ഇവിടെ രണ്ടു പേരൊന്നും ഗുരുദേവൻ പറഞ്ഞില്ല ഗുരു എന്നും ശിഷ്യനെന്നും ആചാര്യെന്നും ആചാര്യനെന്നും ശിഷ്യനെന്നും ഒന്നും പറഞ്ഞില്ല ആരായവർ ആരായുക എന്നുള്ളത് ഗുരുദേവന് ഇഷ്ടമുള്ള ഒരു വാക്കാണ് അകമയ്ക്ക് അന്വേഷിക്കുക അന്വേഷണം എന്ന് പറയുമ്പോൾ വിചാരപ്രധാനം എന്നുള്ളതിനേക്കാളും കൂടുതൽ ശ്രദ്ധാപ്രധാനാണ് ദയവ് ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും ആദ്യമേ അതാണ് പറയുന്നത് ക്ലാസ് അല്ല ശ്രവണം ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടണോ അത് മതി എഴുതിയാൽ നമ്മളുടെ ശ്രദ്ധ ഒബ്ജക്റ്റീവ് നമ്മൾ പിന്നീട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാണ് എഴുതണത് ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പം കിട്ടിയാലേ ഉള്ളൂ പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല എഴുതുക നമ്മളെ സമ്പ്രദായല്ല എഴുതുന്നത് കൊണ്ട് എനിക്ക് കുറ്റ ദോഷം നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല ശ്രവിക്കാം അതും ശരണാഗതിയോട് ശ്രവിക്കുക മനസ്സിലാവണമെന്ന് മനസ്സിലാവട്ടെ ഇല്ലെങ്കി വേണ്ട എന്ന് പറഞ്ഞിട്ട് കേൾക്ക ലാഘവത്തോടെ കേൾക്ക എത്ര ഹൃദയത്തിൽ പോണു പോട്ടെ ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് കേൾക്കുക പല സ്ഥലങ്ങളിലും ഗുരുദേവൻ ഉപയോഗിക്കണ വാക്കാണ് ആത്മോപദേശതകത്തെ തന്നെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് തന്നെ മറ്റൊരു സ്ഥലം അഹമഹമെന്ന് അരുളുവതൊക്കെ ആരായുകിൽ അതുപോലെ ജനനീ ആരായുകിൽ തിരകൾ നീരായിടുന്നു പണി നാരായിടുന്നു കുടവുമ്പാരായിടുന്നു അവിടെയും ഈ ആരായുക ആരായിക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലൊരു വാക്ക് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ശ്രദ്ധയോടുകൂടെ നോക്കുക നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞ വസ്തുവിനെ ശ്രദ്ധയോടെ നോക്കാം തന്നെ തന്നെ നോക്കുക തന്നിലേക്ക് തന്നെ നോക്കുക അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ആരായവരിൽ അതിരറ്റെഴും എന്നുവെച്ചാൽ ആ വിവേകത്തിന് അതിരില്ലെന്നർത്ഥം സത്സംഗത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ श्रद्धा शक्ति ई श्रद्धेंदुम नमुक वस्तु प्रकाशिप्न और शक्ति आन, श्रद्धा को वस्तु कौं कम कम अ നമ്മൾ അന്വേഷിക്കുന്ന വസ്തു എന്താണ് ഇപ്പൊ ഈ ആത്മോപദേശ ശതകം ഓരോ ശ്ലോകമും ഒരു ഉപനിഷത്താണ് അതുകൊണ്ട് ഇത് മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു തീർക്കാം എന്ന് ആലോചിക്കാൻ പോലും വയ്യ എങ്കിലും അവിടെ എവിടെയൊക്കെ കുറെ ശ്ലോകങ്ങള് അങ്ങനെ ഒരു കടലാസ് വെച്ച് മാർക്ക് ചെയ്ത് വെച്ചോണ്ടാ വന്നത് ഞാൻ എന്താ ഇപ്പൊ പറയാന്ന് വെച്ചിട്ട് ആദ്യം എങ്ങനെയാ തുടങ്ങാം അറുപത്തിയഞ്ചാമത്തെ ശ്ലോകം നമ്മൾ സത്സംഗത്തിലിരിക്കണു എന്തറിയാനാണ് എന്ന് വെച്ചാൽ ഒരു കുറി നാം അറിയാത്തതൊന്നുമിങ്ങില്ല ഉരുമറവാൽ അറിവില ഉണർന്നിതെല്ലാം അറിവരിൽ അതിരറ്റതാകയാൽ ഈ അരുമയയാൽ വിചിത്രം ഒരു കുറി നാം അറിയാത്തതൊന്നുമിങ്ങില്ല ഇത് വെച്ചുകൊണ്ടാണ് ഇപ്പൊ തുടങ്ങണത് നമ്മൾ ിക്കുന്ന പൂർണത നമ്മൾ അന്വേഷിക്കുന്ന ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ആത്മജ്ഞാനം മുക്തി നിർവണം സ്വാതന്ത്ര്യം പുറമേ നിന്ന് കിട്ടേണ്ട ഒരു വസ്തു അതിനു മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ വേണം മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയൊക്കെ ബലത്തിനെ ആശ്രയിച്ചിരിക്കും പുറമേ നിന്നുള്ള വസ്തുക്കളൊക്കെ തന്നെ ഇവിടെ നമ്മൾ അന്വേഷിക്കുന്ന വസ്തു അന്വേഷിക്കുന്നവനിൽ തന്നെ ഉണ്ട് അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഒരിക്കൽ രമണഭഗവാന്റെ രമണ മഹർഷിയുടെ മുമ്പിലിരുന്ന ഒരാള് കുടുംബ വിഷയങ്ങളൊക്കെ പറഞ്ഞ് കരയായിരുന്നു കുറേ നേരം കരഞ്ഞു മഹർഷി ഒന്നും ഉത്തരം കൊടുത്തില്ല ഞാൻ നിശ്ചലമായിട്ടിരുന്നു മൗനമായിട്ടിരുന്നു ഇയാൾ ഇങ്ങനെ കുറെ കരഞ്ഞു കഴിഞ്ഞപ്പോ അടുത്തിരിക്കുന്ന ഒരു ഭക്തൻ പറഞ്ഞു സകല ദുഃഖങ്ങൾക്കും പരിഹാരമായ ഒരു ജീവൻ മുമ്പിലിരുന്ന് ജ്ഞാനിയുടെ മുമ്പിലിരുന്ന് നിങ്ങളിങ്ങനെ കരയണത് കാണുമ്പോ ഗംഗയുടെ തീരത്തിലിരുന്ന് എനിക്ക് ദാഹം ദാഹം എന്ന് പറഞ്ഞ് കരയുന്ന പോലെ ഉണ്ട് എന്ന് അപ്പൊ മുരുകനാർ എന്ന് പറയുന്ന ഒരു തമിഴ് പണ്ഡിതൻ അദ്ദേഹം ഒരു കവിത ചൊല്ലിട്ട് പറഞ്ഞു ഒഴിവിലൊടുക്കത്തിലോ മറ്റോ ഉള്ളോ ഒരു പാട്ടാണ് ചൊല്ലിട്ട് പറഞ്ഞു കഴുത്തിന് വെള്ളത്തിലിറങ്ങി നിന്നിട്ട് കണ്ഠം വരെ വെള്ളത്തിലിറങ്ങി നിന്നിട്ട് ദാഹം എന്ന് പറയുന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ രമണ മഹർഷി പറഞ്ഞു അപ്പടിയില്ല പോയി അങ്ങനെയല്ലാതെ കാര്യം ഗംഗയെ ചൊല് ദാഹം ഗംഗ തന്നെ പറയണു എനിക്ക് ദാഹം ദാഹം എന്ന് പറയണുന്ന് സ്വയമേവ താൻ തന്നെ തൻ്റെ ദുഃഖത്തിന് പരിഹാരമായി ഇരുന്നിട്ടാണ് തൻ്റെ ദുഃഖത്തിന് പരിഹാരം എവിടെ എന്ന് അന്വേഷിക്കണത് അതുകൊണ്ടാണ് അരണികടഞ്ഞെഴും അഗ്നി പോലെ ആരായവരിൽ അതിരറ്റെഴും വിവേകം ആരായുന്നവനിൽ തന്നെ ആ വിവേകത്തിനൊരു അതിരില്ല നമ്മളുടെ ബുദ്ധിക്ക് അതിരുണ്ട് മനസ്സിന് അതിരുണ്ട് എന്താന്ന് വെച്ചാൽ മനസ്സും ബുദ്ധിയും ഒക്കെ ഈ വ്യക്തി അഭിമാനത്തിന്റെ തലത്തിൽ മണ്ഡലത്തിൻ്റെ ഉള്ളിലുള്ളതാണ് പക്ഷെ ഈ വിവേകം നിങ്ങളുടെയോ എന്റെയോ അല്ല വൈശാരഥീ ബുദ്ധി എന്ന് ഭാഗവതത്തിൽ അതിന് പറയുന്നത് വൈശാരഥീ സാതി വിശുദ്ധ ബുദ്ധിഹി ധുനോതിമായാം ഗുണസംപ്രസൂത്താം അവിടെയും അരണി തന്നെയാണ് ഉദാഹരണം അജ്ഞാനത്തിനെ നീക്കിയിട്ട ആ ജ്ഞാനം സ്വയം ചാമ്യത്തി അസമിത്യഥാഗ്നി ശ്ലോകം ചൊല്ലുമ്പോ അതിനോടൊപ്പം അതൊക്കെ അങ്ങനെ വരണ്ട അരണികടഞ്ഞഴും അഗ്നി പോലെ ആരായവരിൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരിലും എന്നിലും ഈ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അട്രസ്റ്റ് ശ്രദ്ധ വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ പുറത്തൊരു വിശ്വാസമല്ല നമ്മളിൽ ആ ശ്രദ്ധാശക്തി ഉണ്ടെന്നും അത് നമ്മൾ അന്വേഷിക്കുന്ന ആ സത്യത്തിനെ നമുക്ക് പ്രകാശിപ്പിച്ചു തരുമെന്നുള്ള ഉറപ്പോടുകൂടെ ഇരുന്നു കൊണ്ട് വേണം സത്സംഗത്തിൽ കേൾക്കാൻ അങ്ങനെ കേൾക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ പറയാത്തതുപോലും നിങ്ങൾക്ക് പ്രകാശിക്കും അത് അത് അതുകൊണ്ടാണ് ഈ എഴുതുക മനസ്സിലാക്കുക എന്നുള്ളതിനു വലിയ പ്രാധാന്യം കൊടുക്കണ്ടെന്ന് പറയണേ കേട്ടാ മതി ശ്രവിച്ചാ മതി ശ്രവിക്കുന്ന വിഷയത്തിൽ നിന്നും ശ്രോതാവിലയ്ക്ക് ശ്രദ്ധ തിരിയലാണ് സത്സംഗം അല്ലാതെ എന്തെങ്കിലും മനസ്സിലാക്കലല്ല ആത്മോപദേശ ശതകം തുടങ്ങുമ്പോ തന്നെ ഗുരുദേവൻ പറഞ്ഞു PIZELU, PIZELU, PIZELU, PIZELU, PIZIELU, PIZELU, ും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ് അറിവെന്ന് വെച്ചാൽ സാധാരണ വിഷയജ്ഞാനമാണ് വിഷയജ്ഞാനത്തിൽ നിന്നും ഏറി എന്ന് വെച്ചാൽ പലരും പല അർത്ഥം പറഞ്ഞിട്ടുണ്ടാവും കടന്ന് ട്രാൻസെന്റ് അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ് അറിഞ്ഞിടുന്നവൻ്റെ ഉരുവ് എന്ന് വെച്ചാൽ ശ്രുതിയുടെ സമ്പ്രദായം തന്നെ അങ്ങനെയാണ് ഉപാസനക്ക് ശേഷം അവസാനം ശ്രുതി പറയണം നീ ഉപാസിക്കണതല്ല ബ്രഹ്മം ഏതൊന്നും ഉള്ളത് കൊണ്ടാണോ ഈ ഉപാസന നടക്കുന്നത് അതാണ് ബ്രഹ്മം എന്ന് ശ്രദ്ധയെ ഉപാസകൻ്റെ അസ്തിത്വത്തിൽ തിരിച്ചുവിടുകയും ആ അസ്തിത്വമാത്രമായ പ്രജ്ഞയെ പ്രത്യഭിജ്ഞാജ്ഞാനം കൊണ്ട് തെളിവാക്കുകയും ചെയ്യാണ് സമ്പ്രദായം അപ്പോ സത്സംഗത്തിന് തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ ഒരു അരണി കടയാൻ പുറപ്പെടുകയാണ് ഈ അരണി കടഞ്ഞ് എടുക്കുന്ന അഗ്നി നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും ഗുഹ്യമായി ഗൂഢമായി കിടപ്പുണ്ട് ആ അഗ്നി ഉണർന്നു കഴിഞ്ഞാൽ പരമചിദംബരമാർന്ന ഭാനുവായി നിന്നെരിയുന്നു എന്നാണ് ശൈവത്തിന്റെ ശിവഭക്തിയുടെ ഒരു മണം ഒരു സുഗന്ധം ഗുരുദേവന്റെ കൃതികളിൽ മുഴുവൻ ഉടനീളം അങ്ങനെ കാണാം പരമചിദംബരമാർന്ന ഭാനുവായി നിന്നെരിയുന്നു ആ ജ്ഞാനം എരിഞ്ഞു കഴിയുമ്പോ അതിനിരയായിടുന്നു സർവം എന്ന് വെച്ചാൽ തൃപ്പുട്ടി ദ്വന്ദ്വങ്ങള് ഒക്കെ തന്നെ അസ്തമിച്ച് കേവലമായ സത്ത പ്രജ്ഞാനം ബോധം അവിടെ പ്രകാശിക്കണം അപ്പോ സത്സംഗത്തിൽ ശ്രവിക്കണ സമയത്ത് കേൾക്കണ സമയത്ത് പറയുന്ന ആൾ ഒരാളും കേൾക്കുന്ന ആൾ ഒരാളും ഇല്ല പറയുന്ന ആളും കേൾക്കുന്ന ആളും ഒന്നായി നിന്നുകൊണ്ട് തന്നെയാണ് കേൾക്കണത് ഇതൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് പറഞ്ഞ അനുഭവിയാതെ അറിവില്ല ഗുരുദേവന്റെ തന്നെ വാക്കാണ് നമ്മൾ അനുഭവിക്കും തോറും നമുക്ക് നമ്മളുടെ തന്നെ അസ്തിത്വത്തിനെയാണ് നമ്മളിവിടെ ആരായാൻ പുറപ്പെടുന്നത് പ്രപഞ്ചത്തിനെ അല്ല പ്രാപഞ്ചിക നിയമങ്ങളെ അല്ല നമ്മളുടെ തന്നെ അസ്തിത്വത്തിനെ നമ്മളുടെ തന്നെ സത്തയെയാണ് നമ്മളിവിടെ ആരായാൻ പുറപ്പെടുന്നത് കാരണം നമുക്ക് നല്ല ഉറപ്പുള്ള ഒരേ ഒരു കാര്യം അതുമാത്രമാണ് ഈശ്വരൻ എന്നുള്ളതിനെ പലർക്കും പല അഭിപ്രായം പറയാം ഉണ്ടെന്ന് പറയാം ഇല്ലെന്ന് പറയാം വിഷ്ണു ആണെന്ന് പറയാം ശിവനാണെന്ന് പറയാം അള്ളാവ് ആണെന്ന് പറയാം ക്രിസ്തുവാണെന്ന് പറയാം പക്ഷെ അവനവനെ കുറിച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അഭിപ്രായം ആർക്കില്ല എല്ലാവർക്കും ഉറപ്പുള്ളത് എക്സിസ്റ്റൻസ് അസ്തിത്വം സത്ത ഉണ്മ പ്രകാശിക്കുന്നത് അവനവന്റെ ഇരുപ്പിന്റെ രൂപത്തിലാണ് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിലാണ് ഒരു ഇരുട്ടുമുറിയിലിരുന്നാലും നമുക്ക് നല്ലവണ്ണം അറിയണ ഒരേ ഒരു കാര്യം ഞാൻ ഉണ്ട് എന്നുള്ളതാണ് അടുത്തിൽ ഉള്ള ആളുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല നാരായണ ഗുരുദേവന്റെ തന്നെ ഉദാഹരണമാണ് ഇരുളിലിരിപ്പവനാർ ചൊൽകനീയെന്നൊരുവനുരപ്പത് കേട്ടു താനുമേപം രണ്ടുപേര് ഇരുട്ടുമുറിയിൽ ഇരുന്നാൽ രണ്ടുപേരും പരസ്പരം ആരാണ് എന്ന് ചോദിച്ചാൽ പ്രതിവാക്യമേകമാകും रुपान्ल ान अहमस्मी अहमस्मी अहमस्मी या अभवती इंद्रिय वे मन वे का नोक चिं इ अुभव अहमद अनुभ अुभव अद प्रपंचमुव प्रपंच प्रती अब प्रती नाम अन्विक निुभव प्रती अधष्ठ आत्मनिष्ठ ആത്മനിഷ്ഠമാവുന്നത് എങ്ങനെയാ നമ്മളുടെ ശ്രദ്ധ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഊർജം മുഴുവൻ നമ്മളുടെ സത്തയിൽ കേന്ദ്രീകൃത ആകുമ്പോൾ പ്രപഞ്ചത്തിന് മുഴുവൻ നന്മ ഉണ്ടായിക്കോളും എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇപ്പൊ ചോദിക്കേണ്ട ആദ്യം സവനമൊഴിയട്ടെ നാരായണ ഗുരുദേവിന്റെ തന്നെ വാക്കാണ് സവനമൊഴിയണം എന്നുവച്ചാൽ നമ്മളുടെ അകത്ത് ചെയ്യേണ്ട യാഗം ചെയ്തു തീർക്കണം എന്നിട്ടേ ലോകത്തിന് ഹിതം ചെയ്യാൻ പറ്റുള്ളൂ നാരായണ ഒക്കെ അങ്ങനെ ചെയ്തവരാണ് ആ സത്യം കണ്ടെത്താനായി അതിതീവരമായി ശ്രമിച്ചവരാണ് അറിയേണ്ടതറിഞ്ഞ ശേഷം അത്ഭുതമായി അവരിലൂടെ ലോകത്തിന് എന്താ കിട്ടേണ്ടതെന്ന് വെച്ചാൽ കിട്ടി അപ്പോൾ या का अती इन गुरदेवन विषम याव इंत्र अदान सम प्रती ിയങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും മനസ്സ് പുറമേക്ക് പോകുമ്പോ പ്രപഞ്ചം അറിയപ്പെടുന്നു മറ്റുള്ളവർ അറിയപ്പെടുന്നു അന്യര് ഇതൊക്കെ ആത്മോപദേശ ശതകത്തിൽ വരുന്ന വാക്കാണ് അന്യം ഞാൻ അഭിമാന വൃത്തി ഉദിക്കുമ്പോ നീ അവൻ എന്നുള്ള അഭിമാന വൃത്തിയൊക്കെ അതിൻ്റെ കൂടെ വരും മനസ്സുദിക്കുമ്പോഴാണ് ഇതൊക്കെ ഉദിക്കുന്നത് മനസ്സിനും പിറപ്പെടമായിട്ടുള്ള നമ്മളുടെ അസ്തിത്വം ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ആ അനുഭവത്തിനെ എല്ലാവർക്കും ഉള്ള അനുഭവമാണ് അഹമഹമെന്ന് അരുളുവതൊക്കെ ആരായുകിൽ ഈ ആത്മോപദേശ ശതകത്തിൽ എന്താ ചെയ്യേണ്ടത് എന്നൊരാൾ അതിനുള്ള ഉത്തരമാണ് ഈ പാട്ട് ഈ ശ്ലോകം ഈ പദ്യം ഞാൻ ഞാൻ എന്നുള്ള അനുഭവം അഭിമാനം എല്ലാവർക്കും ഉണ്ട് അതിനെ നമ്മൾ അഭിമാനമെന്നും വിളിക്കാം അനുഭവം എന്നും വിളിക്കാം രണ്ട് തലത്തിൽ ഒരു തലത്തിൽ അത് അഭിമാനമാണ് ഒരു തലത്തിൽ അത് അനുഭവമാണ് അഹം എന്നത് അനുഭവമാണ് അനുഭവമാണെങ്കിൽ അത് നമ്മൾ അന്വേഷിക്കുന്ന പൂർണ്ണ വസ്തുവാണ് അഹമെന്നതും അറിവെന്നതും ആവരണമൊഴിഞ്ഞവൻ ഒന്നാണ് എന്ന് തൊണ്ണൂറ്റിയെട്ടാമത്തെ ശ്ലോകത്തിൽ ഗുരുദേവൻ പറയു സത്യം തെളിഞ്ഞവന് ബുദ്ധിയിലുള്ള ആവരണം നീങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ ഏതൊന്നും ഉണ്ടോ അത് വ്യക്തിയല്ല അഖണ്ഡമായ പ്രജ്ഞയാണ് അഖണ്ഡമായ ബോധമാണ് ചിതാകാശമാണ് കൊടത്തിനകത്തുള്ള ആകാശം ഘടാകാശം അല്ല മഹാകാശം തന്നെയാണ് കൊടം ഒരു ഘടാകാശത്തിന്റെ പ്രതീതി കൊടുക്കണമോ അത്രേ ഉള്ളൂ അപ്പോ നമ്മൾക്ക് അന്വേഷണം ചെയ്യാൻ വേണ്ട വസ്തു ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റം നമ്മളിൽ തന്നെ ഉണ്ട് നമ്മൾ തന്നെയാണത് ഞാൻ തന്നെയാണ് അതാണ് ആദ്യം തുടങ്ങുമ്പോ തന്നെ അറിവ് എന്ന് പറഞ്ഞു കൊണ്ട് തുടങ്ങി ആത്മോപദേശ ശതകം ഏകദേശ രൂപത്തിലാണ് ഞാനിപ്പോ പറഞ്ഞു തുടങ്ങുന്നത് അറിവെന്ന് പറഞ്ഞു തുടങ്ങി അമർന്നിടേണം എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത് അറിവെന്നു വച്ചാൽ ഉടനെ നമുക്ക് തോന്നണത് പ്രപഞ്ചജ്ഞാനമാണ് ലോകം ആണ് നമുക്കിപ്പോ അറിയണത് അതുകൊണ്ട് അറിവെന്ന് പറഞ്ഞാൽ തന്നെ കേൾക്കുക मणक रुचर्शा अभिमान अद्यवसाय नमुक अु भगवदगीत भगवान अपरा प्रकृति एपजू ई अपरा प्रकृति आम अव ഈ അറിവിനെ കടന്നാലേ നമ്മൾ അധ്യാത്മ മണ്ഡലത്തിലേക്ക് കടന്നിട്ടുള്ളൂ എന്ന് ഗുരുദേവൻ ആദ്യം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആത്മോപദേശതകം തുടങ്ങണത് അതിനുകൊണ്ടാണ് തപസ്സിന് മരുത്വാമലയിൽ എവിടെയോ കയറി ആൾ ഒഴിഞ്ഞ സ്ഥലത്ത് ഇരുന്നത് അല്ലെങ്കിൽ വലിയ ലൈബ്രറിയിൽ ഇരുന്നാൽ മതിയായിരുന്നു അദ്ദേഹത്തിന് വായനാശാലയിൽ പോയി ഇരുന്നാൽ മതിയായിരുന്നു എന്താന്ന് വെച്ചാൽ ഈ അറിവിനെ അപരാ അറിവിൽ നിന്നും പിരിച്ചെടുത്ത് പരയിടപാല് നുകർന്ന് പതിനായിരം അണ്ടൊരല്പനേരം പോലെ കഴിക്കണമെങ്കിൽ ആ അറിവ് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവാണെങ്കിൽ മനസ്സിലൂടെയുള്ള അറിവാണെങ്കിൽ ഒരിക്കലും സാധ്യമല്ല നോക്കണം നാരായണ ഗുരുദേവൻ സ്ഥലങ്ങളൊക്കെ തന്നെ കാണുമ്പോ ഋഷികൾ എവിടെയും പോയിട്ടില്ലെന്നും ഋഷികൾ ഏതോ പുരാതന കാലത്ത് മാത്രം ഉണ്ടായിരുന്നവരാണെന്നും ഉള്ള ഭാവനയൊക്കെ നമുക്ക് വിട്ടുകളയാം ഇന്നും ഈ ആത്മവിദ്യ നമുക്ക് സ്വാനുഭവത്തിന് വരണമെങ്കിൽ ആർഷമായ ഒരു സമ്പ്രദായം മാത്രമേ ഉള്ളൂ എന്നുള്ളത് അദ്ദേഹം ജീവിതം തന്നെ നമുക്ക് ദൃഷ്ടാന്തമാണ്